ജ്ഞാന തദാനം ഏഷാം നാശിതമാത്മന തേഷാമാതികാശയത്തി തത്പരം തദ്ബുദ്ധയസ്താത്മാന തന്നിഷാ തത്പരാത്തി അപുനരാവൃത്തി ജ്ഞാനനിർദ്ധൂതകൽമും വളരെ പ്രധാനമായ ശ്ലോകങ്ങളാണ് വിവേകം മനുഷ്യനിൽ ഗൂഢമായിട്ട് കിടക്കുന്നു ആ വിവേകത്തിനെ ജാഗരണം ചെയ്യുന്നതിലാണ് അധ്യാത്മസാധനകളുടെയൊക്കെ ശ്രദ്ധ വിവേകം ജാഗ്രതമായാൽ സ്വയമേവ മനുഷ്യൻ സത്യം കണ്ടെത്തിക്കൊള്ളും നമ്മൾക്ക് വാസ്തവത്തിൽ ഗുരു എന്ന് പറയുന്നത് നമ്മളുടെ വിവേകമാണ് എല്ലാവരും അവരവരുടെ വിവേകത്തിനെ ആശ്രയിച്ചാണ് പുറത്തൊരു ഗുരുവിനെ കണ്ടെത്തുന്നതും പുറത്തൊരു ഗുരു വന്നാലും ആ ഗുരു നമ്മളുടെ അകത്തുള്ള വിവേകം സമ്മതിച്ചിട്ടാണ് നമ്മൾ അദ്ദേഹം എന്റെ ഗുരുവാണെന്ന് പറയണത് അതുപോലെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം അധ്യാത്മ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഇത് എനിക്ക് ഗുരുവാണ് എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചാൽ മതിയല്ലോ അപ്പോ ഒരിടത്ത് തീരുമാനമെത്തുന്നത് തന്നെ വിവേകം കൊണ്ടാണ് അപ്പൊ വിവേകത്തിനാണ് പ്രാമുഖ്യം ഗുരുവിനല്ല ആ വിവേകം വഴി കാണിച്ചു തരുന്നു വിവേകത്തിൽ ഗൂഢമായി കിടക്കുന്ന ജ്ഞാനത്തിനെ വാചികമായി പറയുന്നത് കൊണ്ട് മാത്രം ഒരാളെ ഗുരുവാണെന്ന് അംഗീകരിക്കുകയാണ് ക്രമേണ ആ ബാഹ്യ ഗുരു ആന്തരികമായി വിവേകത്തിനെ നല്ലവണ്ണം തെളിച്ചുവിട്ട് കഴിഞ്ഞാൽ ആ ഗുരുവിന്റെ പണി കഴിഞ്ഞു പിന്നെ ഈ വിവേകം കൊണ്ടു വേണം ഈ വിവേകമാവുന്ന ഗുരുവിനെ ആശ്രയിച്ചു ജീവൻ നമ്മള് സത്യദർശനം സത്യദർശനം നേടേണ്ടത് ഭഗവത് പ്രാപ്തി നേടേണ്ടത് കൃതകൃത്യത നേടേണ്ടത് അപ്പൊ ആന്തരികമായ വിവേകം ആണ് ജ്ഞാനം എന്നുള്ള വാക്ക് ആ വിവേകം കൊണ്ട് അജ്ഞാനം നീങ്ങുമ്പോൾ വിവേകം എന്ത് പറഞ്ഞു തരുന്നു നമ്മൾക്ക് കിട്ടുന്ന ദ്രവ്യങ്ങളും ആ ദ്രവ്യങ്ങളെ അനുഭവിക്കുന്ന നമ്മളുടെ ദേഹവും ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം തന്നെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതും നഷ്ടപ്പെട്ടു പോകുന്നതുമായ വസ്തുക്കളാണ് പക്ഷേ നമ്മളുടെ അഹം ഞാൻ അനുഭവം ആ അനുഭവം ഒരിടത്തു നിന്നും വന്നതല്ല ഒരിക്കലും അതില്ലാതാവാനും പോകുന്നില്ല പുറത്തുനിന്ന് വരുന്ന ദ്രവ്യങ്ങളൊക്കെ അസ്തമിച്ചു പോകുന്നു ദീപാവളിക്ക് ഉണ്ടാക്കിയ മധുരപലഹാരങ്ങളൊക്കെ തീർന്നുപോയി അത് തിന്നിട്ട് നാവിലുണ്ടായ രുചിയൊക്കെ കഴിഞ്ഞുപോയി അത് ഭുചിക്കുന്ന ശരീരം തന്നെ തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ശരീരം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു തീർന്നു പോകും ഒരു ദിവസം കഴിഞ്ഞു നമ്മളുടെ ബുദ്ധി മനസ്സെല്ലാം കഴിഞ്ഞു പോകും തീർന്നു പോവാത്ത സാധനമേ ഇല്ല പ്രകൃതിയിൽ എന്നാൽ നമ്മൾ തീർന്നു പോകണില്ല നമ്മൾ കഴിഞ്ഞു പോണില്ല നമ്മൾ നിത്യനിരന്തരം ഉണ്ട് നാസത്തോ വിദ്യത്തെ ഭാവ പിന്നെയോ ന അഭാവോ വിദ്യത്തെ സതഹ സത്തിന് അഭാവമില്ല അസത്തിന് ഭാവം ഇല്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം ആദൗ അന്തേച്ചാസ്തി വർത്തമാനേ പി തത്തധാനം ശരീരം മനസ്സൊക്കെ തന്നെ കുറച്ചു മുമ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഉണ്ട് കുറച്ചു കഴിഞ്ഞാൽ ഇല്ലാതാവാൻ പോണൂ അങ്ങനെ മുമ്പ് ഇല്ലാതെ പിന്നീട് ഇല്ലാതെ നടുവിൽ കാണുന്നതൊക്കെ തന്നെ വാസ്തവത്തിൽ ഇല്ലാത്തതാണെന്ന അപ്പൊ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു പോകാത്തതും തീർന്നു പോകാത്തതും അവ്യയം വ്യയമാകാത്തതുമായിട്ടുള്ളതാണ് നമ്മളുടെ അസ്തിത്വം ഈ അസ്തിത്വത്തിനെ സാധന കൊണ്ട് പിടിക്കാൻ പറ്റില്ല പൂജ കൊണ്ട് പിടിക്കാൻ പറ്റില്ല ധ്യാനം കൊണ്ട് പിടിക്കാൻ പറ്റില്ല ഈ അസ്തിത്വത്തിന് വിവേകം കൊണ്ട് മാത്രമേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ പൂജയും ഭക്തിയും സാധനയും വിചാരവും ശാസ്ത്രം പഠിക്കലും എല്ലാം ശ്രദ്ധയെ ഉണർത്തി വിവേകത്തിനെ ഉണർത്തി ഈ എപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളതായിട്ടുള്ള സത്യത്തിനെ നമ്മൾക്ക് അനുഭവപ്പെടുത്തി വേണ്ടി മാത്രമാണ് സത്യം എപ്പോഴും കിട്ടിയിട്ടുണ്ട് അതിനെ കിട്ടിയിട്ടുള്ളതിനെ അനുഭവപ്പെടുത്തി തരാണ് എവറി യു റിവേർട്ട് ബാക്ക് യു എക്സ്പീരിയൻസ് യു ബിക്കം എക്സ്ട്രോവേർട്ട് യു ലൂസ് ഇറ്റ് എപ്പോഴും തിരിച്ച് അതിലേക്ക് വരൂ ഉണ്ട് ക്ഷണത്തിൽ അതിൽ നിന്ന് വിട്ടുമാറൂ പോയി അപ്പൊ ഓരോ ക്ഷണവും സത്തിലേക്ക് വരുമ്പോഴൊക്കെ തന്നെ സത്തിനെ അനുഭവിക്കാം ആ സത്തിനെ എങ്ങനെ അനുഭവിക്കണം ഭഗവാൻ പറഞ്ഞു തദ്ബുദ്ധയാ ബുദ്ധി എന്ന് വെച്ചാൽ അത്യവസായ ലക്ഷണാ ബുദ്ധി എന്നാണ് ലക്ഷണം അതായത് തീരുമാനിക്കാനുള്ള പവർ അന്തർമുഖമായി തീരുമാനിക്കാനുള്ള പവർ അകമുഖമായി വിചാരം ചെയ്ത് തീരുമാനിച്ച് ഉറപ്പിക്കുന്ന പവറാണ് ബുദ്ധി അധ്യാത്മത്തിൽ ബുദ്ധി എന്ത് ചെയ്യുന്നു രാവിലത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞു ബുദ്ധിർഭവാനി അല്ലേ ചിത്ശക്തിയാണ് ബുദ്ധി എന്ന് പറഞ്ഞു രാവിലെ നമ്മൾ കാശീപഞ്ചകത്തിലും ബുദ്ധിർഭവാനി ആ ബുദ്ധി അന്തർമുഖമാവുമ്പോഴാണ് അതിന് ഭവാനി എന്ന് പേര് ബഹിർമുഖമാവുമ്പോൾ അവൾ കാളി ഭദ്രകാളിയാണ് അവളുടെ കാൽ ചുവട്ടിൽ ശിവൻ ശവമായി കിടക്കുകയാണ് കാളിയുടെ ചിത്രം കണ്ടിട്ടുണ്ടോ നാവ് നീട്ടി കാൽ ശിവനെ ശവമാക്കി കിടത്തിക്കൊണ്ട് നിൽക്കുകയാണ് അവൾ എന്ന് വെച്ചാൽ ശിവം ശവമായി മാറുന്നത് അവൾ പുറമേക്ക് കാലരൂപിണിയാണ് കാലി അവൾ അകമേക്ക് തിരഞ്ഞ് തിരിഞ്ഞ് സത്തിലേക്ക് സത്യത്തിലേക്ക് തിരിയുമ്പോഴാണ് ഭവാനി എന്ന് പേര് അപ്പോ അവൾ ബുദ്ധിയെന്നും പേരവൾക്ക് മേധ ബുദ്ധി എന്നൊക്കെ പേര് അപ്പൊ ബുദ്ധി തീരുമാനിക്കുന്ന രൂപത്തോടുകൂടിയ എന്ത് തീരുമാനിക്കുന്നു വളരെ സൂക്ഷ്മമായി അത്ഭുതമായ ഒരു ശക്തി ബുദ്ധി ആർജിക്കുന്നു തപസ്സുകൊണ്ട് ജപതവാദികൾ കൊണ്ടും സത്സംഗം കൊണ്ടും സാത്വിക ഭക്ഷണം കൊണ്ടും മഹത്കൃപ കൊണ്ടും നമ്മളുടെ ഈ ഓർഡിനറി ബ്രെയിൻ ലോക പഠിക്കുന്ന ബുദ്ധി ഒന്നൊന്നും രണ്ട് തുടങ്ങിയ ബുദ്ധി അത് അന്തർമുഖമായി അതൊരു അസാമാന്യ വൈഭവത്തിനെ നേടുന്നു എന്താ വൈഭവം എന്ന് വെച്ചാൽ നമ്മൾക്ക് മരണമില്ലെന്നും നമ്മൾ നിത്യവസ്തുവാണെന്നും നമ്മൾ അമൃതസ്വരൂപികളാണെന്നും ശാന്തി നമ്മളുടെ ഉറവിടത്തിലുണ്ടെന്നും നിത്യനിരന്തരമായ സത്യമാണ് നമ്മളെന്നും ഒക്കെ തന്നെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറം പോയി ഒന്നിനെ കണ്ടിട്ട് എത്തി നോക്കിയിട്ട് ഉറപ്പിച്ചിട്ട് വരും ആ ബുദ്ധി വിചാരാത് തീക്ഷണതാമേത്യ ധീ പശ്യതീ പരം പദം രോഗവാസിഷ്ടം പറയാം വിചാരാത് തീക്ഷണതാമേത്യ അതായത് ഈ റോക്കറ്റൊക്കെ വിടുമ്പോ നമ്മളുടെ വിശ്വനാഥ് മാമ റോക്കറ്റ് വിട്ടിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് പോ അപ്പൊ റോക്കറ്റൊക്കെ വിടുമ്പോ അതിന് ഒരു പറയണത് ഗ്രാവിറ്റേഷണൽ പുൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയുടെ പുറത്തു പോകണമെങ്കിൽ ഭയങ്കര സ്പീഡിൽ പോണം എസ്കേപ്പ് വെലാസിറ്റി എന്നാണ് പറയണത് അതായത് അത് രക്ഷപ്പെടാനുള്ള വെലാസിറ്റി വേണം അതിന് പുറത്തു പോവാൻ ഗുരുത്വാകർഷണ ശക്തിയിൽ പിടിക്ക പിടിപെടാതിരിക്കാൻ അത്രയും വേഗത്തിൽ പോയിട്ട് അത് സ്പേസിലേക്ക് പോകും അപ്പൊ പിന്നെ പോയി കഴിഞ്ഞാൽ അവിടെ പോയി ചുറ്റും അതുപോലെ നമ്മളുടെ ബുദ്ധിയും അതിതീക്ഷണവും സൂക്ഷ്മവും ശുദ്ധവുമായി തീർന്ന് കഴിയുമ്പോ രാവിലെ പറഞ്ഞു ബുദ്ധി മന്ദബുദ്ധി ഒന്നുണ്ട് അത് നമ്മൾ കണക്കെടുക്കണേ അവിടെ പിന്നെ ശുദ്ധബുദ്ധി സൂക്ഷ്മബുദ്ധി തീക്ഷ്ണബുദ്ധി പിന്നെന്താ സ്ഥൂലബുദ്ധി സ്ഥൂലബുദ്ധി സൂക്ഷ്മബുദ്ധി ശുദ്ധബുദ്ധി തീക്ഷ്ണബുദ്ധി മന്ദബുദ്ധി ഇങ്ങനെ അഞ്ചു വിധത്തിൽ കണക്കാക്കാം അപ്പോ മന്ദബുദ്ധിയെ നമ്മൾ ചിരിക്കാൻ പാടില്ല ഭാഗവതം പറയണത് മെജോറിറ്റി അതിൽ പെടുന്നതാണ് മന്ദാഹ സുമന്ദമതയ മന്ദഭാഗ്യാഹി ഉപദ്രുതാഹ എല്ലാരും ഇപ്പൊ മന്ദബുദ്ധി ട്രൗസർ ഇട്ടിട്ടാണല്ലോ നടക്കണത് പമ്പ പണ്ടൊക്കെ മെന്റലി റിട്ടാർഡ് ഹോംസിൽ അവര് മാത്രമേ ധരിക്കുള്ളൂ ഇപ്പൊ എല്ലാവരും അവരായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ മന്ദബുദ്ധികളാണ് മന്ദാഹ എന്താന്ന് സ്ലോ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്യൂബ് എന്ന് പറയില്ലേ നമ്മൾ അതൊക്കെ അപ്പൊ സൂക്ഷ്മബുദ്ധി ശുദ്ധബുദ്ധി രാവിലെ പറഞ്ഞതാണ് റിപ്പീറ്റ് ചെയ്യണില്ല അപ്പൊ ശുദ്ധ ബുദ്ധി സൂക്ഷ്മ ബുദ്ധി ബുദ്ധി വളരെ സൂക്ഷ്മമാവുമ്പോ അതിന് അസാമാന്യ വൈഭവം ഏർപ്പെടുന്നു ഇറ്റ് ബിക്കംസ് വെരിഡ് ആൻഡ് ഗെയിൻസ് വെലോസിറ്റി ടു എസ്കേപ്പ് ശരീരത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ പ്രപഞ്ചത്തിന്റെ പിടിയിൽ നിന്നും അതിനാണ് നമ്മള് സമാധി എന്ന് പറയണത് ധ്യാനം കൊണ്ടും യോഗസാധനകൾ കൊണ്ടും ചിത്തം ശുദ്ധമാവുമ്പോ സമാധി എന്ന് പറയുമ്പോ ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് എല്ലാം മറന്നുപോയിട്ട് മൂർച്ഛിച്ച് വീഴുക അതൊക്കെ ഭാവസമാധിയാണ് ജ്ഞാനസമാധിയല്ല ഭാവസമാധി കൊണ്ടൊന്നും ജ്ഞാനം തെളിയില്ല ചിലരൊക്കെ ഭജനയൊക്കെ പാടുമ്പോ മൂർച്ഛിച്ചങ്ങളുടെ ചോട്ടലേക്ക് വീഴും അതൊന്നും ഭാവസമാധിയൊന്നും ജ്ഞാനത്തിന് കാരണമാവില്ല അതൊക്കെ ഇമോഷണൽ അപ്സർജ് കൊണ്ട് വരുന്നതാണ് ഇത് ബുദ്ധി ചിത് ശക്തിയായിട്ട് മാറുന്ന അത്യാഗാധമായ ഒരു സ്ഥിതി അവിടെ നമ്മൾക്കൊക്കെ നമുക്കതിനൊക്കെ യോഗ്യത എല്ലാവർക്കും ഉണ്ടത് നമ്മളുടെ ചര്യ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ശുദ്ധവും നാടിയും ഒക്കെ ശുദ്ധമാവുമ്പോ ശരീരവും നാടിയൊക്കെ ശുദ്ധമാവുമ്പോ ബുദ്ധിയിൽ ഈ സൂക്ഷ്മത വരികയും ബുദ്ധി പതുക്കെ തന്നിൽ തന്നെ തനിക്ക് പുറകിലുള്ള നിശ്ചലമായ അധിഷ്ഠാനത്തെ കാണുകയും ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്ന് ഭഗവാൻ പറഞ്ഞു ഇന്ദ്രിയങ്ങൾക്കൊക്കെ മൂലകാരണമായി ഉള്ള നിശ്ചലമായ സത്തയെ ഒരു ക്വാറ്റിറ്റ്യൂഡ് ഒരു നിശ്ചലത ചിലപ്പോ യോഗം കൊണ്ടായിരിക്കും നാമം ജപിച്ചിട്ടൊക്കെ മനസ്സങ്ങനെ നിശ്ചലമാവുമ്പോഴായിരിക്കും നമ്മൾ കാണുക ഉള്ളിൽ നമ്മൾ മനസ്സിനെ നിശ്ചലമാക്കിയപ്പോൾ നമ്മൾ കാണും ഉള്ളിൽ എപ്പോഴും നിശ്ചലമായ ഒരു അധിഷ്ഠാനം ഉണ്ട് എന്ന് കാണും അങ്ങനെയൊക്കെയാണ് ചിലപ്പോ നാമജപം കൊണ്ടൊക്കെ തന്നെ ആത്മസാക്ഷാത്കാരം നേടുന്നത് ജപമൊക്കെ ചെയ്തിട്ടും രൂപധ്യാനം ചെയ്തിട്ടും അല്ലെങ്കിൽ ഏകാന്തത്തിലും ഇരുന്നിട്ടും ഒക്കെ പതുക്കെ പതുക്കെ ചിത്രവൃത്തികളെ അടക്കി ശാന്തം ചെയ്യുമ്പോ അതിനു പുറകിൽ എപ്പോഴും ശാന്തമായ നിശ്ചലമായ ഒരു വസ്തു കാത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണും കണ്ടു കഴിഞ്ഞാൽ അതിനെ തീരുമാനിച്ച് ഉറപ്പിച്ച് അതാണ് നമ്മളുടെ സ്വരൂപം അവിടെയാണ് നമ്മളുടെ വീട് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞു ഇവിടെ വന്നിട്ട് ഒരു ലോഡ്ജ് എടുത്തിട്ട് ബാഗൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടൗൺ ചുറ്റാൻ സ്വസ്ഥമായിട്ട് പോവാം അതുപോലെ യു ഹാവ് ഫൗണ്ട് എ ഹോം എ റെസ്റ്റിംഗ് പ്ലേസ് അതാണ് തദ്ബുദ്ധ ബുദ്ധി കൊണ്ട് അവിടെ തീരുമാനിച്ചു അതാണ് ഞാൻ അവിടെ ഏതൊരു നിശ്ചലതയുണ്ടോ ആ നിശ്ചലതയാണ് എൻ്റെ സ്വരൂപം പിന്നെയോ തദാത്മാനഹ മനസ്സുകൊണ്ട് പതുക്കെ പതുക്കെ ധ്യാനിക്കണം മനസ്സുകൊണ്ട് രണ്ടു വിധത്തിൽ ധ്യാനിക്കും ഒന്ന് യോഗപരമായും മറ്റൊന്ന് ജ്ഞാനപരമായും യോഗപരമായി ധ്യാനിക്കുന്നത് വെച്ചാൽ ശാസ്ത്രങ്ങളിൽ നിന്നും ഉപനിഷത്തിൽ നിന്നും വേദാന്ത ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ കേട്ടിട്ട് ഞാൻ ബ്രഹ്മമാണ് ആത്മാവാണ് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ വസ്തുവാണ് ഉള്ളിലും പുറത്തുമൊക്കെ ആകാശം പോലെ വ്യാപിച്ചു നിൽക്കുന്ന വസ്തുവാണ് രണ്ടാമതൊരു വസ്തുവില്ല ശിവോഹം ശിവോഹം ഞാൻ ശുദ്ധശിവമാണ് യാതൊരു കളങ്കവും എന്നെ ബാധിക്കില്ല ശരീരവുമായി എനിക്ക് സംബന്ധമില്ല ആകാശം പോലെ നിറഞ്ഞു വസ്തുവാണ് ഞാൻ ഒന്നിനോടും സംഘം എനിക്കില്ല അസംഗോഹം അസംഗോഹം അസംഗോഹം പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയ മനോബുദ്ധി അഹങ്കാര നചശ്രോത്ര ദിഹ്വേ നജഘ്രാണ നേത്രേ നജവ്യോമഭൂമിർണ തേജോണവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഇങ്ങനെയൊക്കെ ഭാവനാപരമായി ധ്യാനിക്കുന്നത് തദാത്മാനഹ മറ്റൊന്ന് വിചാരപരമായ ധ്യാനമാണ് അതിലീ ഭാവനയില അവിടെ ഇൻസൈറ്റാണ് നല്ലവണ്ണം ഞാൻ ആരാണ് ഞാൻ എവിടെ ഉദിക്കണു എന്ന് ശ്രദ്ധിച്ച് ഞാൻ ഉദിക്കുന്ന സ്ഥലത്ത് അസ്തമിക്കുമ്പോൾ അവിടെ എപ്പോഴും നിത്യനിരന്തരമായിട്ടുള്ള ഉണ്മ അസ്തിത്വം ഉള്ള വസ്തുവിനെ അഖമുഖമായി ആരാഞ്ഞ് കാണുമ്പോ കണ്ടതിൽ വീണ്ടും വീണ്ടും ചെന്ന് അതാണ് ഞാനെന്ന അഭിമാനത്തോടുകൂടി ഇരിക്കലാണ് തദാത്മാന ഇങ്ങനെ പലമുറ ആ സ്വാത്മതീർത്ഥത്തിൽ കുളിച്ചു കഴിയുമ്പോൾ മനോനിവൃത്തി सा പരമോപശാന്തിർകാതിഗംഗ സാകാശികാഹം നിജബോധരൂപ ഈ ശ്ലോകമൊക്കെ തന്നെ തദാത്മാനഹ തൻ ആണ് വീണ്ടും വീണ്ടും ധ്യാനിക്കലാണ് മനസ്സ് നിവൃത്തമായി ഉപശാന്തി പരമോപശാന്തി നിശ്ചലമായി നിൽക്കും അങ്ങനെ ക്രമേണ തന്നിഷ്ഠാ അതിൽ തന്നെ നിഷ്ഠയായി തീർന്നു ശരീരത്തിൽ ഇല്ല അയാൾ അയാൾ ലോകത്തിലൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയാലും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ തന്നെ ശരീരം ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും അയാൾ ആത്മാവിൽ തന്നെ നിഷ്ഠനാണ് മറ്റുള്ളവരുടെ കണ്ണിൽ അയാൾ ദേഹിയെ പോലെ തോന്നുമെങ്കിലും അയാളുടെ ദൃഷ്ടിയിൽ അയാൾ ദേഹമേ അയാളുടെ ദൃഷ്ടിയിൽ ശരീരമില്ല ഒരു മഹാപുരുഷൻ വയസ്സ് കാലത്ത് ശരീര അസ്വാസ്ഥ്യമൊക്കെ വന്നിരിക്കുമ്പോ അദ്ദേഹത്തിനെ കാണാൻ ചെന്നപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു വാർദ്ധയ്ക്കാവും തോറും ശരീരത്തിന് രോഗങ്ങളൊക്കെ വരും തോറും ആളുകളൊക്കെ വന്ന് എന്നോട് അങ്ങേക്ക് എങ്ങനെ ഇരിക്കുന്നു സൂക്കയുടെ വിഷമമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കും തോറും എനിക്ക് കൂടുതൽ കൂടുതൽ അനുഭവം തെളിഞ്ഞു വരികയാണ് എനിക്ക് ദേഹമില്ല എന്നാണ് ആസ്പത്രിയിൽ ഇരിക്കുമ്പോഴാ പറയണത് നമ്മളൊക്കെ ആസ്പത്രിയിൽ കിടക്കുമ്പോ ആളുകൾ വന്ന് ചോദിക്കുമ്പോ എന്തൊക്കെ പറയുമില്ലേ ആ അപ്പോ കുഴപ്പമില്ല എന്നാലും അന്ന് പറയാനായിട്ടില്ല ഇങ്ങനെ പോണു കഷ്ടകാലം വേദനിപ്പിക്കണു വിഷമിക്കണം നോക്കാൻ ആളുകളില്ല മക്കൾ പറഞ്ഞ കേൾക്കണില്ല അതേ നമ്മളെ പോലെ തന്നെ ശരീരം ധരിച്ച ഒരാള് ആസ്പത്രിയിൽ സീരിയസ് ആയിട്ട് ഇരിക്കുമ്പോ പറയുന്നു വ്യാധി കൂടി വരുന്തോറും എനിക്ക് മനസ്സിലാവണൂ എനിക്ക് ദേഹമില്ല ദേഹം ഞാനല്ല ദേഹമില്ല എന്ന് ഇത് പറയണതിലല്ല കാര്യം ടു റിമെയിൻ ലൈക്ക് ദാറ്റ് പറയണമെന്നൊന്നുമില്ല ശാന്തി ആ ശാന്തമായിട്ടിരുന്നാൽ മതി തൻ നിഷ്ഠാഹാം തത്പരായണാഹാം എന്നുവെച്ചാൽ ആ ആത്മധ്യാനം ആത്മഭജനം ആ ഭഗവത് ഭജനത്തിൽ തന്നെ പരായണന്മാരായിട്ടിരിക്കുന്നവർ അവർക്ക് ദേഹത്തിൽ ശ്രദ്ധയില്ല ചില സാധാരണ ആളുകൾ പോലും ആ സ്റ്റേറ്റിൽ വന്ന് കണ്ടിട്ടുണ്ട് ഭക്തി കൊണ്ട് ഭഗവത് ഭക്തി കൊണ്ട് അവസാന കാലത്ത് ശരീര അസ്വാസ്ഥ്യമൊക്കെ ഉള്ളപ്പോഴും അവരുടെ ശ്രദ്ധ മുഴുവൻ എന്തെങ്കിലും ഭഗവത് ധ്യാനത്തിലും നാമം എന്തെങ്കിലും ഒക്കെ അവർക്ക് ശരീരമൊന്നും പ്രശ്നമല്ല തത്പരായണന്മാരാണ് ഭഗവത് പരായണന്മാരാണ് അവർക്ക് വരെയൊന്നും അറിയില്ല തന്നിഷ്ഠാഹ തത്പരായണാഹ അതായത് ശരീരം അവരെ വിട്ടുപോകുന്നതിന് മുമ്പ് അവരെ ശരീരം വിട്ടു കഴിഞ്ഞു പരീക്ഷിച്ച് പറയുന്നു ശ്രീസുഖബ്രഹ്മ മഹർഷിയോട് അങ്ങ് അനുമതി തരൂ ഞാൻ ഈ ശരീരത്തിൽ നിന്നും പിൻവാങ്ങട്ടെ അവിടുന്ന് എനിക്ക് അനുഗ്രഹം ചെയ്യൂ ഈ ശരീരത്തിനെ തക്ഷകൻ എടുത്തുകൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ ഈ ശരീരത്തിൽ നിന്നും ലഗ്നി വിദ്രോ തന്നിഷ്ഠാഹാ തത്പരായണാഹാം നമുക്കിതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോ ഏകദേശം വാർദ്ധക്യമായ ആളുകൾക്കൊക്കെ തോന്നും അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ വേണ്ടില്ലാന്ന് തോന്നും അല്ലെ എല്ലാവർക്കും പേടിയുള്ളതാണ് മരണത്തിനെയും മറ്റുമൊക്കെ അപ്പൊ നമ്മൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹൃദയത്തിൽ ആഴത്തിൽ നിന്നും ആഗ്രഹിച്ചാൽ മതി കാരണം ഈ അന്തര്യാമിക്ക് സഹജമായിട്ട് നാച്ചുറൽ ആയിട്ട് തന്നെ ദേഹത്തിനോട് ബന്ധമില്ല ഇറ്റ് ഈസ് ഓൺലി അസ്യൂംഡ് റിലേഷൻഷിപ്പ് ഇറ്റ് ഇസ് നോട്ട് റിയൽ റിലേഷൻഷിപ്പ് റിയലി ബോഡി ഹാസ് നോ റിലേഷൻഷിപ്പ് വിത്ത് സെൽഫ് സുഷുപ്തിയിൽ അതുകൊണ്ടാണ് ദിവസവും വിട്ടു പോകുന്നത് അത് ഭഗവാൻ രമണ ഭഗവാൻ ടോക്സിലൊരടുത്ത് പറയുന്നു ഷുഡ് ബി നോട്ട് റിനൗൺസ് ദ ബോഡി കോൺഷ്യസ്ലി അപ്പൊ ഭഗവാൻ അവിടെ ഒരു വാക്ക് പറയുന്നു വളരെ അവ്യക്തമാണ് നമ്മൾ ആ സ്ഥിതിയിൽ പോയാലേ ആ വാക്കിന്റെ പ്രഫോണ്ടിറ്റി മനസ്സിലാവുള്ളൂ ആഴം മനസ്സിലാവുള്ളൂ ഭഗവാൻ പറയണു ദ സെൽഫ് ആസ് ഓൾറെഡി റിനൗൺസ്ഡ് ഇട്ട് യു നീഡ് നോട്ട് റിനൗൺസ് ദ സെൽഫ് ആസ് ഓൾറെഡി റിണൗൺസ് ദ ബോഡി ജസ്റ്റ് നോ ദാറ്റ് അറിഞ്ഞാൽ മതി ആത്മാവ് ശരീരത്തിനെ എന്നോ ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ ആത്മാവിന് ശരീരവുമായി സംബന്ധമേ ഇല്ല അസംഗോഹി അയം പുരുഷ എന്നാണ് ശ്രുതി അതുകൊണ്ട് നമ്മളുടെ മനസ്സാണ് ദേഹവുമായി ബന്ധം സ്ഥാപിച്ചു പൂർവ്വജന്മ പൂർവ്വജന്മങ്ങൾ തൊട്ട് ബന്ധം സ്ഥാപിച്ച് ഈ ജന്മത്തിലും അല്പം സ്ഥാപിച്ചതിനെ ബന്ധുക്കളും കൂട്ടുകാരും സമൂഹവും വൈദ്യശാസ്ത്രവും എല്ലാവരും കൂടെ ചേർന്നിട്ട് കൂടുതൽ കൂടുതൽ ആഴത്തിലാക്കി ഭയപ്പെടുത്തി ഈ ദേഹത്തിലാണ് നമ്മളിരിക്കുന്നതെന്ന് നമ്മളെ പിടിച്ചു കെട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ നമുക്കിപ്പോ തിരിച്ചു പോവാൻ വഴി അറിയണില്ല നമ്മളൊരു വിഷമഘട്ടത്തിലാണ് പക്ഷെ ഇത് കേൾക്കുമ്പോ തോന്നുന്നു നമ്മൾക്കും മരണത്തിന് മുമ്പിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആ ശാന്തമായി ദേഹത്തിന്റെ വിഷമങ്ങളൊന്നും നമ്മളെ ബാധിക്കാത്ത സ്ഥിതിയിൽ എത്തിയാ വേണ്ടില്ലാന്നൊരാഗ്രഹം തോന്നുന്നു പലർക്കുണ്ട് വയസ്സായവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇതാണ് നമുക്ക് വേണ്ടത് ഇനി മേലാൽ മനസ്സിലാവുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യും ഇത്രയും ചെയ്താൽ മതി ഭഗവാനെ ഇങ്ങനൊരു സ്ഥിതി എന്ന് ഭഗവാൻ ഋഷികളൊക്കെ ഇത് അസാധ്യമാണെങ്കിൽ പറയുവോ മാത്രമല്ല ഋഷികൾ ഇതൊക്കെ പറയുന്നു ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നു ഇതൊക്കെ സത്സംഗങ്ങളിലും പറയപ്പെടുന്നു ഇതൊക്കെ കേൾക്കാനുള്ള ഒരു പ്രാരബ്ധം ഭഗവാൻ തന്നെ എനിക്ക് ഒരുപക്ഷെ വിചാരിച്ചാൽ ഇത് സാധിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കണം അതുകൊണ്ട് ഇതെനിക്ക് സാധിച്ചു തരണം എനിക്ക് എങ്ങനെങ്കിലുമൊക്കെ ഈ ദേഹ സംബന്ധം വിട്ടുപോകണം ദേഹവുമായിട്ടുള്ള വേദനയും വിഷമങ്ങളും എന്നെ ബാധിക്കരുത് ഞാൻ ആത്മാവാണെന്നും എപ്പോഴുമുള്ള വസ്തുവാണെന്നൊക്കെ ശാസ്ത്രം എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ അതൊന്നും എനിക്ക് മനസ്സിലാവണില്ല പക്ഷെ എനിക്ക് അനുഭവം വേണം ഇത്രയും തീവ്രമായി പ്രബലമായി ആശിച്ചാൽ മതി അസാര സംസാര നിജഭജനദൂരെ ജടധിയാ ഭ്രമന്തം മാമന്ധം പരമകൃപയാ പാതും ഉചിതം മദന്യ കോദീനഹ തവ വാമേ ത്രിജഗതി ശരണ്യ പശുപതേ ഭഗവാനേ ഒരു സാരവുമില്ലാത്ത ഈ സംസാരത്തിലെ അസാരേ സംസാരജഭനദൂരെ ആത്മവിചാരത്തിൽ നിന്നും വളരെ ദൂരത്തിൽ പോയി ജഡധിയാ ഭ്രമന്തം ജഡമായ ബുദ്ധി ജഡശശരീരമാണ് ഞാനെന്നുള്ള ഭ്രമത്തോടുകൂടെ ഞാൻ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു ം അന്ധം ഞാനൊരു പൊട്ടക്കണ്ണൻ ദൃഷ്ടിയില്ലാത്തവൻ പരമകൃപയാതും ഉചിതം ഇപ്പൊ രക്ഷിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ വകുപ്പേ ഉള്ളൂ പരമകൃപ എന്റെ യോഗ്യത നോക്കിയിട്ട് രക്ഷിക്കാൻ പറ്റില്ല ഒരു പയ്യൻ പരീക്ഷ പേപ്പറിൽ എഴുതിയത്രേ ടീച്ചറടുത്ത് നിങ്ങളുടെ മകനോ പേരക്കുട്ടിയാണോ ആണോ എന്തെങ്കിലുമൊക്കെ ധരിച്ചിട്ട് എനിക്ക് മാർക്ക് ഇട്ട് തരണം എങ്ങനെങ്കിലും ഒന്ന് പാസാക്കി വിടണം അഞ്ചെട്ട് വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല ഞാൻ പഠിച്ചിട്ട് ഇനി പാസ്സാവണ വകുപ്പൊന്നും കാണാനില്ല എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് പാസാക്കി തരണം എന്നാണ് പരമ കൃപയാ പാതും ഉചിതം മതന്യോ ദീനഹ എന്നെക്കാളും വലിയ ദീനൻ ആരാ ഉള്ളത് എന്താന്ന് വെച്ചാൽ ജന്മജന്മങ്ങളായി തുടങ്ങി ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ രാവണൻ കുംഭകർണൻ ശിശുപാലൻ ദന്തഭക്തരൻ ഇവരെയൊക്കെ ഒരു അമ്പലം കെട്ടി പൂജിച്ചാ വേണ്ടില്ല കാരണം മൂന്നേ മൂന്ന് ജന്മം തിരിച്ചുപോയി നമ്മൾ തുടങ്ങിയിട്ട് കച്ചവടം തുടങ്ങിയിട്ട് കാലം കുറേയായി പരമകൃപയാതും ഉചിതം അതന്യക്കോ ദീനഹാ തവ അപ്പൊ ദീനനെ എന്താ വഴി കൃപണരക്ഷാതിനി പുണഹ ഒരിടത്തും രക്ഷപ്പെടാത്ത കേസ് കൊണ്ടുപോയിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി വിടുമ്പോ ഇനിയിപ്പോ ഡോക്ടറുടെ കയ്യിൽ അൺകണ്ടീഷണൽ ആയിട്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ് അല്ലെ എന്തായാലും കേസെടുക്കില്ല തവ കൃപണരക്ഷാദിനിപുണഹാത്വതന്യക്കോ വാമേ അങ്ങേത്തവരെ എനിക്ക് വേറെ ആരാ ഉള്ളത് അങ്ങല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത് പരമകൃപയാ പാതും ഉചിത്തം എന്നെ രക്ഷിക്കണം ഇതൊക്കെ ആരുടെ അടുത്ത് പറയണു ഉള്ളിൽ തന്നെ പ്രബലമായി സങ്കൽപ്പം ഉണരുന്നുണ്ടല്ലോ അതാണ് ഭക്തി സങ്കൽപ്പമാണ് ശക്തി ആ സങ്കൽപ്പം ഉള്ളിൽ ഉണ്ടാവുമ്പോ ആ സങ്കല്പം കൊണ്ട് തന്നെ അന്തര്യാമി ചിജ്ജട ഗ്രന്ഥിയെ ഉപേക്ഷിക്കും അങ്ങനെ പ്രബലമായിട്ട് ഉള്ളിൽ സങ്കൽപ്പിക്കുക പ്രബലമായിട്ടുള്ളിൽ ആശിക്കുക അതിനുവേണ്ടി കരയുക രാമകൃഷ്ണദേവൻ പറയും എന്തിനൊക്കെ ആളുകൾ കരയണം പണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയണു ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കഴിയുന്നു കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് കരയുന്നു കുട്ടികൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞ് കരയണു ഭഗവാനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയണവർ ആരെയും ഞാൻ കണ്ടില്ല ലോകത്തിലെ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായില്ലെന്ന് കരയുന്നവരെ ആരെയും കാണുന്നില്ല ഈശ്വരന്റെ മുമ്പിൽ പോയിട്ട് ചിലർ കരയണമൊക്കെ ഉണ്ട് അതെന്താന്ന് വെച്ചാ ഗുരുവായൂരപ്പ തൊട്ട വീട്ടിലെ മകന് എൻട്രൻസ് പരീക്ഷയിൽ നിറയെ മാർക്ക് കിട്ടിയത്ര എന്റെ മകനും ഉണ്ടല്ലോ എന്തെങ്കിലും രക്ഷപ്പെടുത്തി തരണം സങ്കൽപ്പം അതിനാണ് കരഞ്ഞത് വേറൊന്നുമല്ല നമ്മൾ കരയുന്നത് കാണുമ്പോൾ ഭക്തിയാണെന്നൊക്കെ വിചാരിക്കും അപ്പോ ഭക്തി ഉണ്ട് ഭക്തി എൻട്രൻസിനോടാണ് ഭക്തി മകനോടാണ് ഭക്തി വ്യാപാരത്തിനോടാണ് ഭക്തി ജോലിയോടാണ് പേരക്കുട്ടിയോടാണ് അതിന് ഭഗവാൻ ഒരു ബ്രോക്കറാണ് നടുവിൽ ഭഗവാനു വേണ്ടി കരയണവരാരുണ്ട് എന്നാണ് ഭഗവാന് വേണ്ടി ദുഃഖ കരഞ്ഞു വിളിക്കുന്നവരാരുണ്ട് അഴുതാൽ അവനെ പിറലാമേൻ മാണിക്യവാചക സ്വാമികൾ പറഞ്ഞു അഴുതാൽ ഉന്നൈ പിറലാമേൻ കരയെന്ന് വെച്ചാൽ എന്താ ആ പ്രബലമായ സങ്കൽപ്പം വരുമ്പോ ജടസംബന്ധം ഒഴിഞ്ഞു പോവുകയും ചിത്ത് താനെ പ്രകാശിക്കുകയും ചെയ്യും രമണ ഭഗവാൻ കരഞ്ഞു കരുണയാലനൈ ആണ്ടനീൻ ി തരുളിലെ റാൾ ഇരുണലി ഉലകിൽ ഏങ്ങിയേ പതത്തി ഉടൽ വിടൽ എൻഗതി എ നാം അരുണനെ കാണാതെ അലരുമോ കമലം അരുണനുക്കരുണനാ വന്നി അരുണലി സുരന്ത് അങ്ങ് അരുവിയായും അരുണമാമലയനും അൻപേ അൻപുരു അരുണാചല അഴൻ മെഴുകായ് അകത്തുണൈ നിനകും അൻപിലി എനു അൻപിനൈ അരുളാത് ആണ്ട് എന്നെ അഴിത്തിടൽ അഴകൂ ഒരു വാക്കും ടൺ കണക്കിന് വെയിറ്റാണോ അത്ര ഭക്തിയാണോ ഭഗവാനെ എന്നെ അങ്ങയുടെ അടുത്ത് ചേർത്തിട്ടില്ലെങ്കിൽ കരഞ്ഞ് ഞാനില്ലാതാവും എന്ന് പറയുന്നു അക്ഷരോണമാറി അപ്പോ ആ സങ്കൽപ്പം ഉണ്ടെങ്കിൽ പ്രബലമായി ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പിടച്ചൽ ഉണ്ടെങ്കിൽ എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല അതാണ് അതിൻ്റെ ഒരു വൈചിത്രം ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ അറിയാതെ പറ്റില്ല നമ്മൾക്കോ ഒരു കാര്യം അറിയണു ലോകത്തിൽ ദുഃഖമുണ്ട് ഒരിടത്ത് ഇപ്പോ പ്രഭാഷണത്തിന് പോകുമ്പോൾ എന്നെ കാറിൽ കൂട്ടിക്കൊണ്ടു പോകുന്ന കാറിൽ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോകുന്നുകൊണ്ടിരുന്ന ഒരാള് നല്ല ജിജ്ഞാസും അപ്പോ അദ്ദേഹം ആത്മവിചാരത്തിനെ കുറിച്ചും ആത്മതത്വത്തിനെ കുറിച്ചും ഒക്കെ അന്നത്തെ ലെക്ചർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അദ്ദേഹനോട് പറയാണ് അണ്ണ ആത്മജ്ഞാനം അതെല്ലാം കേക്ക്തെല്ലാം നന്നാർക്ക് അതെല്ലാം എനിക്ക് വേണമോ വേണ്ടാമോ അത് എനിക്ക് ഇന്ന് ഇത് വേണ്ട ലോകം വേണ്ട അദ്ദേഹം പറഞ്ഞത് ആത്മജ്ഞാനം കിട്ടിയോ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയോ അതല്ല എനിക്ക് ആഗ്രഹം അവിടെയല്ല എന്റെ പ്രാമുഖ്യം ഈശ്വര സാക്ഷാത്കാരമോ ആത്മസാക്ഷാത്കാരമോ ജീവൻ നിർവാണമോ അതല്ല അതെന്താണെന്ന് എനിക്ക് അറിയൂല്ല അതിൽ എനിക്കൊരു ഫാസിനേഷനോ ഇല്ല അത് കിട്ടിയോ ഇല്ലയോ പോട്ടെ എനിക്ക് ഈ ലോകത്തിനെ ഞാൻ ഒരു വിധത്തിലൊന്ന് കണ്ടു ഈ ലോകം എനിക്ക് വേണ്ട അപ്പൊ എനിക്ക് വളരെ ആഴത്തിലെ തോന്നി അടുത്ത ദിവസം പിന്നെ വിഷയം അതാണ് ആറ്റിറ്റ്യൂഡ് മറ്റേത് വെറും ഫാസിനേഷനാണോ ലോകത്തിൽ പലതും ആയിക്കഴിഞ്ഞു ഇനിയിപ്പൊ അതും കൂടെ കിട്ടിയാ വേണ്ടില്ല അത് കിട്ടില്ല അങ്ങനെ അതങ്ങനെ കിട്ടില്ല തലയ്ക്ക് തീ പിടിച്ച ആള് വെള്ളം അന്വേഷിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് ലോകത്തിൽ ദുഃഖമുണ്ടെന്ന് കാണുന്ന വിവേക്ക് സത്യത്തിനെ അന്വേഷിക്കണത് ലോകത്തിൽ ദുഃഖമുണ്ടെന്ന് അയാൾ കണ്ടിട്ടേ ഇല്ലെങ്കിൽ പിന്നെ അയാൾ സത്യത്തിന് വെള്ളത്തിന്റെ അടുത്തു കൊണ്ടുപോയാൽ അയാൾ വെള്ളം കുടിക്കില്ല ടെപ്സി കുടിച്ചോളാ പറയും അമൃതം പരിത്യജ്യ വിഷം വിബന്തി എന്നാണ് അപ്പൊ പറയും അപ്പൊ ലോകത്തിനോട് വിവേകമുണ്ടായി ഇത് വേണ്ട ഇവിടെ ദുഃഖമുണ്ട് എന്ന് നല്ലവണ്ണം കണ്ട ചിത്തം എല്ലാം ഞാൻ ആശ്രയിക്കുന്നതൊക്കെ വിട്ടുപോകുന്നു നമ്മൾ പിടിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നു നമ്മൾ കയറിയിരിക്കുന്ന തോണിയിൽ വെള്ളം കയറണുണ്ട് അതൊരു ഉദാഹരണമാണ് തോണി പോണു തോണിയിൽ ദ്വാരമുണ്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു പതുക്കെ പതുക്കെ ഉള്ളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് എത്ര തുണി വെച്ചടച്ചാൽ അതിന് മേലെ കയറിയിരുന്നാലും ഇടയ്ക്കൂടെ വെള്ളം കയറേണ്ട ഉള്ളിലേക്ക് അപ്പോ തോണി മുങ്ങുന്നതിന് മുമ്പ് അക്കരെ എങ്ങനെയൊക്കെ പുറത്ത് ചാടണം അല്ലേ പ്ലവാഹ്യേതേ അദൃഢാഹ എന്നാണ് വേദം പറയണത് അദൃഢാഹ പ്ലവാഹ ഏതശ്രേയോയേ അഭിമന്യന്തി മൂഢാഹ ജരാമൃത്യു തേ പുനരേവാഭിയന്തി ഇത് ശ്രേയസ്കരമാണെന്നും ഈ തോണി ത്വാരമുള്ളതാണെങ്കിലും വെണ്ടിലേ കുറച്ച് സർക്കിറ്റ് അടിക്കാമെന്ന് വിചാരിക്കുന്നവര് ജരാമൃത്യുലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമെന്ന് അപ്പൊ വിവേകണ്ടായി തന്നിഷ്ഠാഹ തത്പരായണാഹ ജീവിതത്തിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ ആ ലക്ഷ്യമെന്താ ആത്യന്തികമായ ശാന്തി നേടണം നിർവൃത്തി നേടണം നിർവാണം ആത്മസാക്ഷാത്കാരം ജീവൻ ജ്ഞാനം എന്നൊക്കെ നമ്മൾ വാക്ക് പറയുമ്പോ പലപ്പോഴും ആളുകൾ വിചാരിക്കണ ഇതൊന്നും നമുക്ക് പറ്റില്ല ഞങ്ങൾക്ക് ഭക്തിമതി എന്നാണ് ആള് ഭക്തി വെച്ചോളൂ എന്ന പേര് പക്ഷെ ഭക്തി എന്നുള്ളത് നിങ്ങൾ നമ്മളുടെ കാര്യം നടത്താം ഭഗവാനെ പിടിക്കുന്നതാണ് ഭക്തിയെങ്കിൽ അതിന് സത്സംഗത്തില് അത് പ്രയോജനപ്പെടില്ല അതും അനുമതിച്ചു തരാം ആർത്തോ ജിജ്ഞാസുഹോ അർത്ഥാർത്ഥിയോ ഒക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ ഇവിടെ ഗീത എന്ന് വരുമ്പോ ഭാഗവതം എന്ന് വരുമ്പോ കുറച്ച് ഉയർന്ന തലത്തിലേക്ക് വരണമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബാക്കിയൊക്കെ നമ്മൾ എന്തൊക്കെ തന്നെ ഭഗവാന്റെ അടുത്ത് വാങ്ങിയാൽ ആ പൊരുളുകളൊക്കെ തീർന്നു ഭഗവാനോടുള്ള സംബന്ധവും ആ പൊരുൾ കിട്ടുന്നതോടുകൂടെ തീർന്നു പോകുന്നു ആ പൊരുൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഭഗവാനോട് സംബന്ധം തീർന്നു പോകുന്നു അപ്പൊ അങ്ങനെയല്ലാതെ ഭഗവത് സംബന്ധത്തിനെ തന്മശപ്പെടുത്തുക എന്നുള്ളത് വരണമെങ്കിൽ തന്റേതായിട്ടുള്ളതൊക്കെ തന്നെ ഇവിടെ അസ്തമിച്ചു പോകുന്നു എന്ന് അറിയുന്ന ആള് തത്പരായണനായിട്ട് തീരും അങ്ങനെയുള്ള ആള് അപുനരാവൃത്തിം ഗന്തി അയാൾക്ക് വീണ്ടും പുനരാവൃത്തിയില്ല ജനനമില്ല മരണമില്ല ഈ ദുഃഖങ്ങളിൽ പെട്ടുപോവില്ല അയാള് ശാശ്വതം പദം ശാശ്വതമായ പദത്തിന് തന്നിൽ തന്നെ ഇരിക്കുന്നതായിട്ട് കണ്ടുകഴിഞ്ഞു അഥവാ ഭഗവാനെ കണ്ടുകഴിഞ്ഞു പുറത്തൊരു രൂപത്തിൽ കണ്ടു ആശ്രയസ്ഥാനമായി ഭഗവാനെ പിടിച്ചു കഴിഞ്ഞു ശ്രദ്ധ ഭഗവത്മുഖമായി കഴിഞ്ഞു അങ്ങനെയുള്ള ആള് അപുനരാവൃത്തിയും ഗന്തി അങ്ങനെയുള്ള ആൾക്കാണ് സർവത്ര ഭഗവത് ദർശനം എന്നുള്ള സ്ഥിതി അടുത്തതായി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഭഗവാൻ പറഞ്ഞു വിദ്യാപനെ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്ഥിനി ശുനിജൈവ സ്വഭാഗേച്ച പണ്ഡിതാഹാ സമദർശിനാ എന്ന് പറഞ്ഞു അയാൾ എല്ലായിടത്തും സമദർശിയായിരിക്കുന്നു എന്ന് വെച്ചാൽ അയാൾ എല്ലാരിലും അന്തര്യാമി രൂപത്തിൽ ഭഗവാനിരിക്കുന്നുവെന്ന് കാണുകയും അതുകൊണ്ട് രാഗദ്വേഷമില്ലാതിരിക്കുകയും കണ്ണു തുറന്നുകൊണ്ട് തന്നെ സമാധിയിലിരിക്കുകയും കണ്ണു തുറന്നുകൊണ്ട് തന്നെ ശാന്തനായിട്ടിരിക്കുകയും പ്രപഞ്ചത്തിനെ തന്നെ ഈശ്വരന്റെ സ്ഥൂലകായമായി കാണുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ആള് ഇവിടെ തന്നെ ഉപനിഷത്ത് പറയുന്നു ഇവിടെ തന്നെ നേടണമെന്നാണ് ഇഹ ചേദ് അവേദി തഥ സത്യമസ്തി നചേദ് ഇഹ അവേദീൻ മഹദ്വീവിനഷ്ടിഹീനാണ് ഈ ചാൻസ് കളഞ്ഞുപോയാൽ വലിയ നഷ്ടം ഒന്നു പോകും അതുകൊണ്ട് ഇവിടെ തന്നെ നമ്മൾ സത്യത്തിനെ നേടണം സത്യം നേടാനുള്ളതല്ല നേടിക്കഴിഞ്ഞിട്ടുള്ളതാണ് അസത്യത്തിനോടുള്ള രുചി പോകണം അപ്പോ ഇവിടെ തന്നെ സത്യത്തിന്റെ അനുഭവം വരും ഇപ്പൊ സത്യം നമ്മൾക്ക് ഇത്രയൊക്കെ പറഞ്ഞാൽ അനുഭവം വരാതിരിക്കാൻ കാരണം എന്താ ഒരു ദിവസം രണ്ട് ഉറുമ്പുകൾ തമ്മിൽ ഒരിടത്ത് വെച്ച് മീറ്റിംഗ് നടത്തി ഒരു ഉറുമ്പ് ഉപ്പുകൂനയിൽ താമസിക്കുന്നതാണ് ഉപ്പ് കൂട്ടിവെച്ചിരിക്കുന്ന ഒരു കൂമ്പാരത്തിലാണ് ആ ഉറുമ്പിന്റെ താമസം അതിന്റെ ഭക്ഷണം ഉപ്പാണ് വേറെ ഒരു ഉറുമ്പ് പഞ്ചസാര കൂട്ടിവെച്ചിരിക്കുന്ന കൂമ്പാരത്തിലാണ് താമസിക്കുന്നത് അപ്പൊ ഈ ഉപ്പ് കൂമ്പാരത്തിൽ താമസിക്കുന്ന ഉറുമ്പിനോട് പഞ്ചസാര കൂമ്പാരത്തിലൂടെ ഉറുമ്പ് പറഞ്ഞു ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്ന് ഉപ്പ് കൂമ്പാരത്തിൽ താമസിക്കുന്ന ഉറുമ്പ് പറഞ്ഞു വരൂ നമ്മളുടെ വീട്ടിൽ വന്ന് ഇത്തിരി ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞ് ഉപ്പ് കൊടുത്തു അപ്പൊ മറ്റേ ഉറുമ്പ് പറഞ്ഞു അയ്യേ ഇതാണോ നീ ഭക്ഷിക്കണത് പക്ഷേ ഇത്രയും നീച്ചമായ ഭക്ഷണമാണോ നീ കഴിക്കണത് നീ അങ്ങോട്ട് വരൂ അതിമധുരമായിട്ടുള്ള പഞ്ചസാര തരം എന്ന് പറഞ്ഞു ഇപ്പൊ ഉപ്പുകൂനയിൽ താമസിക്കുന്ന ഉറുമ്പ് പറഞ്ഞു എനിക്കിതിഷ്ടമാണ് ഇതാണ് ഇഷ്ടം എനിക്കിപ്പോ ഇതാണ് ഇവിടെ കിട്ടുന്നത് ഇതിനേക്കാളും ഇപ്പോ മധുരമൊക്കെ ഉണ്ടോ മധുരം എന്ന് പറഞ്ഞൊക്കെ വലുതും ഉണ്ടോ എനിക്കൊന്നും വിശ്വാസമല്ല പഞ്ചസാര കുനയിൽ താമസിക്കുന്ന ഉറുമ്പ് പറഞ്ഞു എനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞു ആ പഞ്ചസാരയുടെ മാധുര്യം പറയുമ്പോ തന്നെ ആ ഉറുമ്പിനൊരു മാധുര്യമൊക്കെ പുറമേക്ക് പ്രകടിപ്പിച്ചൊക്കെ നോക്കി പക്ഷെ ഈ ഉപ്പ് തിന്നുന്ന ഉറുമ്പിന് മനസ്സിലാവണില്ല അവസാനം ഉപ്പ് തിന്നുന്ന ഉറുമ്പിനെ കൂട്ടിക്കൊണ്ടുപോയി പഞ്ചസാര ഉറുമ്പ് തന്റെ വീട്ടിലേക്ക് അവിടെ പോയിട്ട് ഇത്തിരി പഞ്ചസാര എടുത്ത് ഈ ഉറുമ്പിന് കൊടുത്തു ഈ ഉപ്പ് തിന്നുന്ന ആ പഞ്ചസാര വായിൽ വെച്ചിട്ട് ഈ ഉപ്പ് ഉറുമ്പ് പറഞ്ഞു അയ്യേ അതേപോലെ തന്നെ ഇരിക്കണത് വലിയ രുചിയൊന്നുമില്ലല്ലോ പഞ്ചസാര തന്നെ ഉറുമ്പിന് ആശ്ചര്യം ഇതിനെ ഈ ഉപ്പിനും പഞ്ചസാരയ്ക്കും വ്യത്യാസം അറിയണേലേ അത് എന്ത് രുചി ഈ പഞ്ചസാര എന്ത് രുചി എന്നിട്ട് ഈ പഞ്ചസാര വായിലിട്ടിട്ട് രുചിയില്ല ഉപ്പ് പോലെ തന്നെ ഇരിക്കണമെന്ന് പറയണം കുറെ നേരം ആലോചിച്ചിട്ട് പിന്നെയും രണ്ടു തരി ഇട്ട് കൊടുത്തു അപ്പോഴും അതേപോലെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഇയാള് പറഞ്ഞു നീ വായി കാണിക്കൂ എന്ന് പറഞ്ഞു അപ്പോ ഉപ്പ് തിന്നു ഉറുമ്പ് വായി കാണിച്ചു നോക്കുമ്പോ വായുടെ ഇവിടെ ഒരു ഉപ്പ് കഷ്ണം വെച്ചിട്ടുണ്ട് അവിടുന്ന് വരുമ്പോ അവിടുന്ന് വരുമ്പോ ഒരു കഷ്ണം ഉപ്പ് നായില് വെച്ചുകൊണ്ടാണ് പഞ്ചസാര തിന്നാൻ വന്നിരിക്കുന്നത് അപ്പോ ഈ പഞ്ചസാര ഉറുമ്പ് പറഞ്ഞു പിന്നെ എങ്ങനെ പഞ്ചസാര വന്നിരിക്കും ആദ്യ ഉപ്പ് തുപ്പു എന്നിട്ട് പിന്നെ പഞ്ചസാര കഴിച്ചാലേ രുചിക്കുള്ളൂ ഇത് ഉപ്പിനെ ഒരു വശത്ത് ഒതുക്കി വെച്ചിട്ട് എത്ര പഞ്ചസാര തിന്നാൽ അതിന്റെ കൂടെ ഉപ്പിന്റെ രുചി കലർന്നിട്ട് ഉപ്പിന്റെ രുചി വരും മനസ്സിലായോ അതുകൊണ്ടാണ് ഭക്തി അധ്യാത്മവിദ്യ ഒക്കെ രുചിക്കാതിരിക്കാൻ കാരണം ഉപ്പ് തുപ്പിയിട്ടില്ല ഉപ്പുണ്ട് ആ ഉപ്പ് ഒരു വശത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് എന്ത് തിന്നാലും അതിൽ ഉപ്പ് കലർന്ന് കലർന്ന് വരുന്നത് കൊണ്ടാണ് രുചിക്കാത്തത് ഉപ്പ് തുപ്പിയാൽ രുചിക്കണം അപ്പോ ഉപ്പ് തുപ്പി പഞ്ചസാരത്തിന്റെ കാരണമാണ് സത്സംഗത്തിൽ ഈ സത്യം നല്ലവണ്ണം തെളിഞ്ഞ് രുചിച്ച് അറിഞ്ഞ് തന്നിൽ അസത്സംബന്ധമില്ലാതെ സത്തിൽ പ്രതിഷ്ഠിതനായിട്ടുള്ളവൻ ഇഹൈവതൈഹിജിത സർഗ ഇവിടെ തന്നെ അവരാൾ സർഗം ജയിക്കപ്പെട്ടിരിക്കുന്നു സർഗമെന്ന് വെച്ചാൽ സൃഷ്ടിപ്രക്രിയ ജനന മരണം പുനരപി ജനനം പുനരപി മരണം പുനരഭിജനീ ജേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹിമുരാരേ ആ ഭജഗോവിന്ദത്തിലെ ആ ശ്ലോകത്തിലെ അങ്ങനെ ഒരു ദുഃഖത്തിന്റെ അഴലുണ്ട് അതിന് ഉൾപ്പുറയല് കൃപയാ പാരേ പാഹിമുരാരേ ഭഗവാനെ കൃപയാ എന്ന് രക്ഷിക്കൂ ഹേ ചന്ദ്രചൂടമദൂലപാണി സ്ഥാണോ ഗിരീശഗിരിജേഷ ശംഭോ ഭൂതേശ ഭീതമയസൂദനമാമം സംസാരദുഃഖ ഗഹനാത് ജഗദീശ രക്ഷ ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി നമ്മളെ കൊണ്ട് നമ്മളൊന്ന് ചെയ്യണം ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല അപ്പൊ ഭഗവാനെ നേടാൻ പോകണം ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുക ഭഗവാനെ ഒരു വഴിയും കാണാനില്ല പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനനീ ജഠറീ ആലോചിച്ചു നോക്കൂ ഇനിയും വന്നാൽ സാന്നു തുടങ്ങണ്ടേ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തി ഈ ജന്മത്തിലെ ഏതോ പൂർവപുണ്യം കൊണ്ട് സത്സംഗവും അതും ഇതും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയൊരു ജന്മം വന്നു കഴിഞ്ഞാൽ ജനിച്ച ഉടനെ തന്നെ ഇതൊന്നും തോന്നാതിരിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ ആയിരിക്കും കുത്തിവെക്കണത് അങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കണത് ഇപ്പോ ജനിച്ച ഉടനെ തന്നെ പല കെമിക്കൽസും പലവിധ ജീവികളുടെയും മൊയലിന്റെ ബുദ്ധിയിൽ നിന്നെടുത്ത ജ്യൂസ് മൂങ്ങയുടെ ശരീരത്തിൽ നിന്നെടുത്ത ഇതൊക്കെ എടുത്തിട്ടൊക്കെ ആയിട്ടാണ് ഒരു സൂചിയാക്കിട്ട് ഈ എന്താ പറയാ എന്ന് പറഞ്ഞിട്ട് മ്മളെ കുത്തിവച്ചിട്ട് അവസാനം നമ്മൾ വിചാരിച്ചാലും ചിലപ്പോ മത്യപകടമായിട്ട് തലയിൽ ചിപ്സൊക്കെ ഘടിപ്പിച്ച് കളയും അച്ഛനും അമ്മ മകൾക്കും അമ്മയ്ക്കും പറഞ്ഞാൽ കേക്കുന്ന കുട്ടികളായിരിക്കാൻ വേണ്ടിയിട്ട് ജനിച്ച ഉടനെ ഒരു ചിപ്സൊക്കെ തലയിൽ ഘടിപ്പിച്ച് കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ ചക്കന എഴുന്നേൽക്കും ഓഫ് ചെയ്താൽ കിടക്കും അത് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോവാൻ പറഞ്ഞാ പോവും വരാൻ പറഞ്ഞാൽ വരും സത്സംഗത്തിലേക്കൊന്നും നമ്മൾ വിചാരിച്ചാൽ പോകാൻ പറ്റില്ല അതൊക്കെ രാഷ്ട്രീയക്കാരായിട്ടുള്ളവരൊക്കെ വിളിച്ചിട്ട് നമ്മളെയൊക്കെ ഇൻഗുലാബ് വിളിക്കാൻ റോട്ടിൽ ഇറങ്ങി നടത്തിയാൽ നമ്മളൊക്കെ നടക്കേണ്ടി വരും അത്യപകടമായ ലോകമാണ് മുമ്പില് വരാൻ പോണത് ഇനി ഈ എന്താ മടയത്തരം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് വരാഹതിരെ രക്ഷപ്പെട്ടു പോവാൻ നോക്കണം ഇവിടെ അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കരുത് ചിലർക്കൊക്കെ വേദാന്തമൊക്കെ പറഞ്ഞാൽ വെറുപ്പാണ് അതൊന്നും ശരിയല്ല ഈ ലോകത്തിലങ്ങനെ സുഖമായിട്ട് ഇരിക്കണം പറഞ്ഞിട്ട് ദറ്റ് ഈസ് ഭഗവത്ഗീത പറഞ്ഞിട്ട് എഴുതിക്കളയും ഇവിടെ ഇരുന്ന വേണ്ടില്ല എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ കാണുമ്പോ പേടി തോന്നണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാതാവണമല്ലോ അപ്പൊ എന്ത് ചെയ്യും നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ ആവുന്ന സ്ഥിതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൗകര്യങ്ങൾ കൂടുന്തോറും അസ്വാതന്ത്ര്യം കൂടിക്കൊണ്ടേ വരുന്നു സൗകര്യങ്ങൾ കൂടുന്തോറും ആ സൗകര്യങ്ങൾക്ക് നമ്മൾ പണുണ്ടാക്കണം അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം അതിനനുസരിച്ച് നമ്മൾ പണിയെടുക്കണം ഒക്കെ വേണം ഏറ്റവും സൗകര്യങ്ങളുള്ള ആളുകൾ ആ സൗകര്യങ്ങൾ ഒന്നും അനുഭവിക്കണില്ല ആ ലോകത്തിൽ ഏറ്റവും പണം സമ്പാദിക്കുന്ന ആളുകൾക്ക് ഉറങ്ങാൻ സമയമില്ല ഉണ്ണാൻ സമയമില്ല നമ്മളിപ്പോ അതൊക്കെയാണ് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ഇന്ത്യയിലാണ് നണത്ര എന്ത് കാര്യം അവരൊക്കെ പാവം രാമായണം പറയണ ആളുകളുടെയും ഭാഗവതം പറയണ ആളുകളുടെയും പുറകിൽ തീർത്ഥത്തിന് കയ്യിൽ നിന്നിട്ടിക്കൊണ്ട് നടക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അസമാധാനമാണേ ഞങ്ങളെപ്പോലെ ആളുള്ള ആളുകൾക്ക് അവരും വേണം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സമാധാനമില്ലായി അവരുടെ കയ്യിലുള്ള പണം നോക്കിയിട്ട് ഞങ്ങൾക്ക് ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിൽ എന്തോ സൂത്രപ്പണിയുണ്ട് സമാധാനം കിട്ടാന്ന് വിചാരിച്ചിട്ട് അവർക്ക് ആഗ്രഹം ഇതൊക്കെ ആയിട്ടാണ് ഇപ്പൊ വടക്കൻ ഇന്ത്യയിലൊക്കെ വെറുതെയാണോ അപ്പൊ ആധ്യാത്മികക്കാരോ ഒക്കെ ടി പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടേ അവരൊക്കെ ചാനൽ തുടങ്ങണോ തുടങ്ങിക്കൊടുക്കും എന്ത് വേണോ ചെയ്ത് കൊടുക്കും എന്താന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ എന്തോ ഉണ്ട് അതുകൊണ്ട് നമുക്ക് സമാധാനമായി ഇരിക്കാം തമ്മിൽ ഭേദം അവരാണ് ഈ പണക്കാരാണ് എന്താന്ന് വെച്ചാൽ അവർ പണം കൊടുത്തിട്ട് സമാധാനം വാങ്ങിക്കുമ്പോൾ അധ്യാത്മക്കാർ സമാധാനം കൊടുത്തിട്ട് പണം വാങ്ങിക്കുകയാണ് തമ്മിൽ ഭേദം ഈ പണക്കാരാണ് ജിതസർഗാം സാമ്യേ സ്ഥിതം ഇവിടെ തന്നെ ലോകത്തിലിരിക്കുമ്പോ തന്നെ ആര് ശാന്തിയെ നേടിയിരിക്കുന്നുവോ വാസ്തവത്തിലുള്ള ശാന്തിയുടെ തീർത്ഥത്തിനെ അകമേ കണ്ടിരിക്കുന്നുവോ അവര് സൃഷ്ടിയെ ജയിച്ചിരിക്കുന്നു സമാധിസ്ഥരാണവർ ബ്രാഹ്മീസ്ഥിതിയിലിരിക്കുന്നവരാണ് നിർദോഷം ഹി സമം ബ്രഹ്മ ഗുണദോഷങ്ങളുടെ ചലനങ്ങൾ മുമ്പിൽ ആ ഡുവലിസ്റ്റിക് പ്രോസസ് അവരെ ബാധിക്കണില്ല സാക്ഷിയായി നിൽക്കുന്നവരാണ് നിർദോഷം ഹി ബ്രഹ്മ തസ്മാത് ബ്രഹ്മണിത്തെ സ്ഥിതാ അവര് ബ്രഹ്മത്തിൽ നിത്യനിരന്തര സ്ഥിതി നേടിയവരാണ് വളരെ പ്രധാനമായ ശ്ലോകമാണ് അങ്ങനെ ആന്തരികമായി ബ്രഹ്മസ്ഥിതി നേടി ബാഹ്യമായി ോകത്തിലവര് വ്യവഹാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിർദോഷവും സമവുമായ ആ ബ്രഹ്മത്തിനെ അവരെങ്ങനെ നിത്യനിരന്തര സ്ഥിതിയാക്കി തീർക്കാൻ എന്താ വഴി നമ്മൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഗ്ലിംസ് കിട്ടുന്നു പിന്നെയും ലോകത്തിലേക്ക് വരുമ്പോൾ മറഞ്ഞു പോവും സത്സംഗത്തിലിരിക്കുമ്പോൾ സുഖമായിട്ടുണ്ട് ലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മറിഞ്ഞു പോവും പറയും ഇവിടെ ഇറങ്ങേ വേണ്ടു കഴിഞ്ഞു എന്നാണ് ചെരുപ്പ് അഴിച്ചു വയ്ക്കുമ്പോ ഒക്കെ അവിടെ അഴിച്ചു വയ്ക്കും ചെരുപ്പിടുമ്പോ എല്ലാം ഇട്ടുകൊണ്ട് പോകുന്നതാണ് അങ്ങനെയില്ലാതെ ദൈനംദിന ജീവിതത്തിൽ സമത്വം യോഗ ഉച്ച സമസ്ഥിതി വരണം എങ്ങനെ വരും അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകം പറയണം നോക്കാം ന പ്രഹർഷ്യേ പ്രിയം പ്രാപ്യജേപ്രിയം സ്ഥിരബുദ്ധിരസൂഢോ ബ്രഹ്മവി സ്ഥിത്